അപരോക്ഷം അവരോക്ഷം അതിൽ വന്ന് ആദ്യത്തോ ദോഷം മോക്ഷദശയിൽ അപരോക്ഷ യോഗ്യത്വം എന്ന ധർമ്മം മോക്ഷദശയിലില്ല ലക്ഷണം സുപ്രകാശാത്മാവെന്ന് പറഞ്ഞ ലക്ഷണം മോക്ഷദശയിൽ സമന്വയിക്കുന്നില്ല അഭ്യാപ്തി ലക്ഷ്യത്തിൽ സമന്വയിക്കുന്നു എല്ലാ കാലത്തും വേണം ഇതോടെ മോക്ഷകാലത്തില്ല അത് പരിഹരിക്കുന്നതിന് ഇവിടെ പറഞ്ഞു യോഗ്യത്വർത്ഥാഭാവ അനധികരണത്തോന്നും പിന്നെ വേറൊരു ദോഷം പറഞ്ഞാൽ അപ്പസിദ്ധാന്തം സ്വപ്രകാശ ആത്മാവിൽ മറ്റൊരു ധർമ്മം പറഞ്ഞാൽ അദ്വൈതത്തിന് വിരോധം വരും സിദ്ധാന്തവിരോധം വരും അപ്പോൾ അതിന് സമനം പറഞ്ഞു ഇവിടെ സ്വപ്രകാശിതാത്മാവിൻ മറ്റൊന്നും തന്നെ ഇല്ല കാൽപ്പനികമായ ധർമ്മങ്ങൾ അവിടെ സ്വീകരിക്കുന്നതുകൊണ്ട് ദ്വൈതാപത്തിയില്ല ദ്വൈതമെന്ന് പറയുമ്പോൾ സത്യമായി രണ്ടുണ്ടെങ്കിലേ ഉള്ളൂ ഒന്ന് സത്യവും മറ്റൊന്ന് അസത്യമാണെങ്കിൽ ദ്വിതാപത്തില്ല സംസാരദശയിൽ യോഗ്യത്വ ഇരിക്കുന്നത് കൊണ്ട് അപസിദ്ധാന്തമെന്ന് പറഞ്ഞത് ശരിയാണ് അത് പരമാർത്ഥത്തിലില്ലാത്തത് കൊണ്ട് അത് സിദ്ധാന്തപക്ഷം എന്തുകൊണ്ടത് പരമാർത്ഥത്തിലില്ല പ്രപഞ്ചം അതെന്ന് പറഞ്ഞു അത് ആരോപിതമാണ് അതിനെന്താ പ്രമാണം അത് സുരേശ്വരാചാര്യരും പത്മവാതാചാര്യരും രണ്ടുപേരും പറയും അതിനു വേണ്ടിയിട്ടാണ് ഉള്ള പറഞ്ഞു അക്ഷമാഭവതക്കേയും സാധകത്വ കൽപ്പനെ കിന്ന പശ്യസി സംസാരം തത്രയോ അജ്ഞാന എന്നും ആനന്ദോ വിഷയാനുഭവോ നിത്യത്വം ചെയ്തി സന്ധി ധർമാ പ്രസിദ്ധമായ രണ്ട് ഉദാഹരണങ്ങളാണ് അതുകൊണ്ട് രണ്ടു ദോഷവും പരിഹരിച്ചു മോക്ഷദശാഞ്ച വിവക്ഷിതധർമാഭാവേവി കഥാ സത്വന ത് അത്യന്താഭാവ അനധികണത്വ ഗുണാശ്രയോ ദ്രവ്യം ഇതിവ സിദ്ദേഹ് ഇപ്പം പറയുന്നു അഭ്യാപ്തി ദോഷത്തെ എങ്ങനെ പരിഹരിച്ചതെന്ന് പറയുന്നത് ഒന്നുകൂടി വിശദീകരിക്കുന്നു നേരത്തെ പറഞ്ഞു എന്താണ് യോഗ്യത്വ അത്യന്താഭാവ അനധികരണത്വം ഇങ്ങനൊരു ലക്ഷണം ഇവിടെ പറയാൻ കാരണം ഈ ഒരു ദോഷം നൈയായികന്മാരോട് തന്നെ പൂർവക്ഷിച്ച് ചോദിക്കുന്നതാണ് നിങ്ങൾ ഗുണ ഗുണാശ്രയോ ദ്രവ്യം എന്ന ലക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ ഉത്പത്തിക്ഷണത്തിൽ ഉള്ള ദ്രവ്യത്തിൽ എങ്ങനെ ലക്ഷണം സംവയിക്കും എന്തുകൊണ്ട് ഉത്പന്നം ദ്രവ്യം ക്ഷണം നിർഗുണം നിഷ്ക്രിയം ചതിഷ്ട എന്നാണ് നിങ്ങളുടെ സിദ്ധാന്തം അപ്പൊ എല്ലാ കാലത്തിനും വേണം ലക്ഷണം ഉത്പന്ന കാലത്തിൽ ഉൽപ്പന്ന ലക്ഷണത്തിലില്ല അപ്പോൾ അവ്യാപ്തി ദോഷം വരുന്നുണ്ടോ അതിന് സമാധാനം ന്യായലീലാവതി എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയ ഒരു വല്ലഭാചാര്യർ എന്ന് പറയുന്ന ഒരാചാര്യൻ പറഞ്ഞ സമാധാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ശുസുഖാചാര്യന് തൊട്ടു മുമ്പുള്ള വളരെ പ്രസിദ്ധനായ ഒരു നൈയായികനുമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തി പറയുന്നത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അത് ആ ഇത് അതിൽ നിന്നുകൊണ്ടാണ് ചോദ്യം അതിനനുസരിച്ച് മറുപടി അപ്പോൾ അവിടെ എന്താ പറഞ്ഞത് ഗുണ അത്യന്താഭാവ അനധികരണം അതായത് ദ്വിതീയക്ഷണം മുതൽ അങ്ങോട്ട് ഗുണം ദ്രവ്യത്തിലുണ്ട് ഗുണാശ്രയോ ദ്രവ്യം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ദ്വിതീയക്ഷണം മുതൽ അവിടെ ഗുണഅത്യന്താഭാവം ഇല്ല അപ്പോ ദ്വിതീയക്ഷണം മുതലുള്ള ദ്രവ്യത്തിലെല്ലാം ഗുണ അത്യന്താഭാവത്തിന്റെ അധികരണമല്ലാതെ എന്ന് പറഞ്ഞാൽ അനധികരണമാണ് അപ്പോൾ അവിടെ ദ്രവ്യത്തിൽ ഗുണ അത്യന്താഭാവ അനധികരണത്വം വന്നു പ്രഥമക്ഷണത്തിലാണെങ്കിലോ അവിടെ ഗുണം ഇല്ലെങ്കിലും ഗുണ അത്യന്താഭാവം ഇല്ല എന്തുകൊണ്ട് പ്രാഗഭാവത്തിൻ്റെ അധികരണത്തിൽ അത്യന്താഭാവം ഇരിക്കില്ല എന്നുള്ള നിയമം അനുസരിച്ച് പ്രാചീന നയായികന്മാരുടെ സിദ്ധാന്തമനുസരിച്ച് അവിടെ പ്രാഗഭാവികളും അത്യന്താഭാവം ഇല്ല അതുകൊണ്ട് പ്രഥമക്ഷണത്തിലുള്ള ദ്രവ്യത്തിലും ഗുണ അത്യന്താഭാവം ഇല്ല എന്ന് കഴിഞ്ഞാൽ ഗുണത്തിൻ്റെ അത്യന്താഭാവ അധികരണമല്ലാ ദ്രവ്യം എന്ന് പറഞ്ഞാലും ഗുണ അത്യന്താഭാവ അനധികരണമാണ് അപ്പൊ അവിടെ ഗുണഅത്യന്താഭാവ അനധികം ഇതെങ്ങനെയാണോ നിങ്ങൾ ദ്രവ്യത്തിൽ ശരിയാക്കിയത് അപ്പോ അവിടെ നിങ്ങൾക്ക് അത് അംഗീകരിക്കാമെങ്കിൽ ഞങ്ങൾ ലക്ഷണം പറയുമ്പോൾ നിങ്ങൾ അംഗീകരിക്കണമെന്നാണ് അവരുടെ ഭാഷയിൽ മറുപടി പറഞ്ഞത് പക്ഷെ ഇവിടെ വേറെ ഒരു ചെറിയ പ്രശ്നം കൂടെ വരും അവിടെ ശരിയാണോ അവിടെ എന്താണ് ദ്വിതീയക്ഷണം മുതൽ ഗുണമുണ്ട് പ്രഥമക്ഷണത്തിലേ ഇല്ലാതെ ഉള്ളൂ നിങ്ങളിപ്പോൾ പറഞ്ഞനുസരിച്ച് എന്താണോ മൂന്ന് കാലത്തിലും അങ്ങനെ ധർമ്മമേ ഇല്ല ധർമ്മമില്ലെങ്കിൽ നിങ്ങളെന്താ പറഞ്ഞ യോഗ്യത്വ അത്യന്താഭാവം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും പറയാൻ പറ്റൂ മൂന്ന് കാലത്തിലും യോഗ്യത്വം ഇല്ലെങ്കിൽ യോഗ്യത്വം അത്യന്താകുന്നു പറയാൻ കഴിയുമോ പറയാമോ പറയാൻ പറ്റുമോ നിങ്ങൾ പറഞ്ഞ പോലെ താർക്കികന്മാർക്ക് പറയാൻ പറ്റുമെന്നു നിങ്ങൾ എന്തും പറയും ലൈസൻസ് ഇല്ലാത്തവരാണോ ഞാൻ ചോദിക്കുന്ന താർക്കികന്മാർക്ക് പറയാൻ പറ്റുമെന്നാണ് പറ്റുവോ എന്നുവെച്ചാൽ നിങ്ങൾക്ക് തർക്കം പഠിച്ചവരായതുകൊണ്ട് നിങ്ങളോട് ചോദിക്കണം ആ എന്ത് മൂന്ന് കാലത്തിലില്ലാത്തത് കൊണ്ട് ുണ്ട് അഭാവജ്ഞാനം പ്രതി പ്രതിയോഗ്ഞാനസ് കാരണവും നമുക്ക് അഭാവജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്തുവേണം പ്രതിയോഗിയെക്കുറിച്ച് അറിഞ്ഞാലേ ഉണ്ടാവും ഘടാഭാവം എന്ന് പറയണമെങ്കിൽ എന്തുവേണം അവിടെ ജ്ഞാനം വേണം മൂന്നു കാലത്തിൽ ഇല്ലാത്ത ഒന്നിൻ്റെ ഒരു പ്രതിയോഗിയുടെ ജ്ഞാനം എങ്ങനെ ഉണ്ടാകും ഉണ്ടാവും പൂർവ്വത്തിലില്ല ഇന്നുമില്ല നാളെയുമില്ല വന്ധ്യാ ഒത്തിരി ശേഷം വിഷാണു എന്നൊക്കെ പറയുന്നു അപ്പൊ പ്രതിയോഗം ഞാനുണ്ടാവും ഇനിങ്ങനെ അഭാവം ഞാനും ഉണ്ടാവും അതിൻ്റെ അഭാവം എന്ന് പറയാൻ പറ്റത്തില്ലാന്ന് എന്നാ പറയുന്നു പറ്റുമെന്നല്ല പറ്റത്തില്ലെന്ന് വരില്ല അങ്ങനെ അഭാവത്തെക്കുറിച്ച് പറയാനേ പറ്റത്തില്ല എന്നാ ഭൂരപക്ഷി പറയുന്നത് ഞങ്ങൾ പറയുന്നിടത്ത് അങ്ങനെയല്ല അവിടെ ഗുണമുണ്ട് അതുകൊണ്ട് പറയാൻ എന്താണ് ഉത്പക്ഷിണത്തിന് ഗുണത്തിന്റെ അത്യന്താഭാവം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നിടത്ത് എന്താണ് മൂന്ന് കാലത്തിലും ഈ സാധനം ഇല്ലെന്ന പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പ്രതിയോഗി ഞാനും ഇല്ലാതെ അതിന്റെ അഭാവത്തെക്കുറിച്ച് പറയാൻ പറ്റും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്താണോ യോഗ്യത്വം അത്യന്താഭാവ അനധികരണത്വം എന്ന് പറയുന്നത് ശരിയല്ല മനസ്സിലായോ ശരിയാണെന്നല്ല പറയുന്നത് ശരിയല്ല എന്ന് ആര് പറയുന്നു കറക്യൻ അതിനാണോ അടുത്ത സമനം പറയുന്നത് മോക്ഷദശായം ച വിപക്ഷിത ധർമ്മഭാവേ പി മോക്ഷദശയില് വിവക്ഷിതമായ ധർമ്മമില്ല എന്നുവെച്ചാൽ യോഗ്യത്വം അവിടെ ഇല്ല ഇല്ലെങ്കിലും കഥാചി സത്വേനോ എപ്പോഴോ അത് ഉണ്ടായിരുന്നു പക്ഷെ അത് സത്യമായിട്ടുണ്ടായിരിക്കണമെന്നില്ല നിങ്ങൾക്ക് പ്രതിയോഗി ജ്ഞാനം പോരെ ആരോപിതമായ പ്രതിയോഗിയുടെ ഞാനും മതി അത്യന്താപം പറയുന്നതെന്ന് പറയുന്നില്ലേ ഇവിടെ രചതയില്ല രജത്തിന്റെ അത്യന്താവാൻ പറയുന്നു രജത സത്യമായിരിക്കും രചതം ഇല്ല എന്ന് പറയുന്നതിന് രചതത്തിന്റെ സത്യജ്ഞാനം വേണ്ട പ്രതിയോഗിക്കാനും മതി പ്രതിയോഗിക്കാനും സത്യജ്ഞാനം ആയിരിക്കണമെന്നുണ്ട് അപ്പോ എന്താണോ അവിടെ മോക്ഷദശയിൽ ഇല്ലെങ്കിലും മുമ്പെന്തോ എന്നോ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ അതെങ്ങനെ ഉണ്ടായിരുന്നു കാൽപ്പനികമാണെന്ന് നേരത്തെ പറഞ്ഞു കാൽപ്പനികമായി ഉണ്ടായിരുന്നത് കൊണ്ട് അതിൻ്റെ അത്യന്താഭാവം ഞാനുണ്ടാവും ആ അത്യന്താ അഭാവം എന്ന് പറയുന്നത് അത്യന്താഭാവം ഞാനുണ്ടായല്ലോ ആ അത്യന്താഭാവം എന്ന് പറയുന്നത് ഇനി ഇല്ല ഇതും സമയമുള്ളൂ ഇനി അത് സമയത്തോ കാല്പനികമാണോ അതുകൊണ്ട് അവിടെയുണ്ട് അത് ചിന്താഭാവം അപ്പൊ ശരിയായി അതാണ് വിവക്ഷിത ധർമാഭാവേ ബിന്ത കാൽപ്പനികം വ്യാവഹാരികമായി കാൽപ്പനികമായി കൊണ്ടെന്നെ ഞങ്ങൾ പറയുന്നുള്ളൂ പരമാർത്ഥത്തില്ലെന്നാ പറയുന്നു ഇല്ലെന്ന് പറയുന്നു അപ്പോൾ ഞങ്ങൾ പറയുന്നെന്താണ് മരുമരീചിക ഇല്ല രജിസർപ്പം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ബോധം ഉണ്ടാകുന്നില്ലേ അതുപോലെ തന്നെ ഇല്ല അഭാവം ഞാനും ഉണ്ടായ മതി അഭാവം ഞാനും ഉണ്ടായി ഇനി അഭാവാ അധികരണമാണോന്ന് നോക്കുക അത് അവിടെ കാൽപ്പനികമായി ഉള്ളതുകൊണ്ട് അഭാവാധികരണമല്ല അനധികരണമായി ഇവിടെ അത് നശിച്ചു അതുകൊണ്ട് എന്തുവരുന്നു ധംസമയുള്ളൂ മോക്ഷദശയിൽ മോക്ഷദശയിൽ ധംസമയുള്ളൂ അത്യന്താഭാവം ഇല്ല അപ്പം അത്യൻ്റെ അഭാവം അനധികരണമായി ഇനി മുമ്പ് കാൽപ്പനികമായുള്ളത് കൊണ്ട് അത്യന്താഭാവം ഇല്ല അതുകൊണ്ട് എന്ത് തോന്നുന്നു അത്യന്താഭാവ അനധികരമായി പക്ഷേ മുക്തില്ല എന്ന് നിഷേധിക്കുന്നതും ഉണ്ട് കാൽപ്പനികധർമ്മത്തിന്റെ എന്തു വരുന്നു അവിടെ അതിന്റെ അഭാവം ഞാനും ഉണ്ടായി പ്രതീതിയുണ്ട് വ്യവഹാരം ഉണ്ട് അതൊക്കെയുണ്ട് ഞങ്ങൾ ഇത്രേ പറയുന്നത് എന്താണ് സത്യത്തിലില്ല അത് ഞങ്ങളുടെ സിദ്ധാന്തം കൂടെ മനസ്സിലാക്കുന്നു പറഞ്ഞല്ലോ ഇത് വേറും വിതണ്ട അപ്പം പിന്നെ ഈ കാല്പനികം എന്താണെന്ന് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഇനി ആ ചർച്ച ചെയ്യും അവിടെ മനസ്സിലാക്കി തരാം മനസ്സിലായപ്പോൾ താർക്കം ചോദിക്കും നിങ്ങൾ എന്താ ഈ കാല്പനികം എന്ന് പറയുന്നു എന്താ ആരോപിതമെന്ന് പറയുന്നു ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നു ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ അതും പോട്ടേലും മനസ്സിലാക്കിത്തരും അപ്പം ചർച്ച വരുന്നുണ്ട് കാല്പനികതയുടെ ഒരു ഗുണം എന്താണ് ഉണ്ടെന്നും ഇല്ലെന്നും പറയാ അനുഭവം അങ്ങനെയാണ് ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം അനുഭവം അങ്ങനെയല്ലേ മരുമരീജിയ ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം രുചി സർപ്പം ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം രണ്ടിനെ ആശ്രയിക്കും പ്രതിയോജ്ഞാനത്തിന് വേണ്ടി എന്ത് പറയും ഉണ്ടെന്നും പറയും അഭാവജ്ഞാനത്തിന് വേണ്ടി എന്ത് പറയും ഇല്ലാന്ന് പറയും അനുഭവത്തിനനുസരിച്ചാണ് പറയുന്നത് നിങ്ങളൊപ്പം അതാണ് മോക്ഷദശ മോക്ഷദശയിൽ വിവക്ഷിതധർമാഭാവേ ബി ഈ പറയുന്ന ധർമ്മയുടെ എല്ലാ യോഗ്യത്വം അണു മോക്ഷിതധർമ്മം ഇല്ലെങ്കിലും കഥാചിത് സത്വം ോ നിന്നതുകൊണ്ട് സത്യന്താഭാവ അനധികരണത്വം പ്രത്യന്താഭാവ അനധികരണത്വം എന്ന് പറയുന്നത് ഗുണാശ്രയോ ദ്രവ്യം സിദ്ധി ഗുണാശ്രയോ എന്നതുപോലെ സിദ്ധമാകുന്നു ഇവിടെ രണ്ട് ദോഷങ്ങളും പരിഹരിച്ചു ഏതൊക്കെയാണ് ഇങ്ങനെ പരിഹരിച്ചെങ്കിലും ഇവിടെ ഇനിയും ചോദ്യം ചോദിക്കാം ഈ പറഞ്ഞ വിഷയത്തിലല്ല പറഞ്ഞു വരുന്നത് മിഥ്യാത്വത്തെ കുറിച്ചാണ് അത് ചർച്ച ചെയ്യും അതല്ലാതെ തന്നെ ഇവിടെ നിന്നുകൊണ്ടൊരു ചോദ്യം ചോദിക്കാം എന്ത് ചോദ്യമാണോ അതായത് യോഗ്യത്വം എന്ന് പറയുന്നത് സ്വപ്രകാശത്തിൽ വരുന്നു അതുകൊണ്ടാണ് ഈ ദോഷ പോകുന്നത് അവസിദ്ധാന്തമെന്നും അഭ്യാപ്തി അത് പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് പറഞ്ഞോ യോഗ്യത്വ അത്യന്താവാ അനധികരണത്വം വീണ്ടും വന്നത്വം വീണ്ടും ധർമ്മം വന്നില്ലേ ഇത്തരം പാടുപെട്ടിട്ട് അത് വീണ്ടും പറഞ്ഞുകൂടി എന്താണ് ത്വം വന്നു കഴിഞ്ഞാൽ എന്തും പറയേണ്ടി വരും മോക്ഷദശയില് അപ്തി മറിച്ച് സംസാര ദശയിൽ അപസിദ്ധാന്തം ത്വം വന്നു കഴിഞ്ഞാൽ വീണ്ടും പറയാം എങ്ങനെ ദോഷം വരും നിങ്ങൾ എന്ത് പറഞ്ഞാലും വീണ്ടും ദോഷം തന്നെ വരും അത് തന്നെ അനവസ്ഥ ദോഷം ദോഷം എന്ന് പറഞ്ഞാൽ നിരാകരിക്കല്ലോ അംഗീകരിക്കുന്നു എന്നാ പിന്നെ നിങ്ങള് സംസാരിക്കേണ്ടല്ലോ കാൽപന കല്പന എന്ന് പറഞ്ഞു ഉണ്ടായിരുന്ന പിന്നെ ഇത്രയും സംസാരിച്ച അങ്ങനെയാണെങ്കിൽ പിന്നെ താർക്കികന്മാരുടെ വ്യക്തിയിൽ എന്തിനാ മറുപടി പറയുന്നത് സിദ്ധാന്തം പറഞ്ഞാ മതിയല്ലോ എല്ലാം കല്പന സിദ്ധാന്തം പറഞ്ഞാ പറ ചോദ്യത്തിന് മറുപടി പറയുന്നു എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞെന്താണ് രണ്ട് ദോഷങ്ങൾ പറഞ്ഞു അവ്യാപ്തിയും അവസിദ്ധാന്തം എന്തുകൊണ്ട് തൊം വന്നതുകൊണ്ട് ഇപ്പൊ വീണ്ടും തൊം വന്നാ ആ ദോഷം വീണ്ടും തന്നെ ഈ പറഞ്ഞതിനൊന്നും യാതൊരു പ്രയോജനവും ഇല്ല നിങ്ങൾ സമാനം പറഞ്ഞത് ആ തുമ കൊണ്ടുവന്ന ദോഷത്തെ പരിഹരിച്ചുകൊണ്ടാണ് സമാനം പറഞ്ഞത് പക്ഷെ പരിഹരിക്കുന്നിടത്തും വീണ്ടും തുമ വന്നു കഴിഞ്ഞാൽ ഈ പരിഹാരത്തിനൊന്നും വിലയുണ്ടാവും മനസ്സിലായോ തുമെന്ന് പറയുന്നത് പരിഹരിച്ചു കൊണ്ടാണ് നിങ്ങൾ സമാനം പറഞ്ഞത് അവ്യാപ്തി അതിവ്യാപ്ത അതും കൂടെ സിദ്ധാന്തം അനുസരിച്ച് അങ്ങനെ പരിഹരിച്ച് സമാനം പറയുന്നിടത്തും പൂവനന്മേൽ കുരു എന്ന് പറഞ്ഞവരെ വീണ്ടും എന്ത് ചെയ്തത് സ്വം വന്നു കഴിഞ്ഞാൽ ഇതുവരെ നടത്തിയ ചർച്ചയ്ക്ക് എന്തെങ്കിലും വരെ ഉണ്ടോ എന്താ ഏഹ് നേരത്തെ പറഞ്ഞതിൽ തന്നെ ഇങ്ങനെയുള്ള എല്ലാ ധർമ്മങ്ങളെയും നിരാകരിച്ചല്ലോ ഏഹ് ഇങ്ങനെയുള്ള എല്ലാ ധർമ്മങ്ങളെയും നിരാകരിച്ചുകൊണ്ടാണല്ലോ ആദ്യം സിദ്ധാന്തം പറഞ്ഞത് അപ്പൊ പിന്നെ ഈ ദോഷം വീണ്ടും ഏഹ് അത് സ്വം പറഞ്ഞത് പൂർവക്ഷല്ലോ സിദ്ധാന്തി അല്ലേ പറഞ്ഞത് ഉർപക്ഷി അല്ലല്ലോ പറഞ്ഞത് നിങ്ങൾ ത്വം പറഞ്ഞപ്പോ ഉർവക്ഷി എന്ത് പറഞ്ഞു അത് ശരിയാകില്ലാന്ന് പറഞ്ഞു അഭ്യാപ്തി അവസിദ്ധും പറഞ്ഞു അപ്പൊ അതെല്ലാം പരിഹരിച്ചു പരിഹരിച്ചിരിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു ത്വം പറഞ്ഞു അപ്പൊ ദോഷപ്പെടുത്തണെങ്കിൽ വീണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പ്രയോജനം വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തിന് ഏത് ദോഷത്തെ പരിഹരിക്കാനാണോ ശ്രമിച്ചത് അത് പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചേർത്തു ത്വം എന്ന് പറഞ്ഞാൽ ദോഷം അവിടെ നിൽക്കുകയാണ് മനസ്സിലായോ ത്വം ചേർക്കാൻ പാടില്ലായിരുന്നു നിങ്ങൾ പരിഹാരം പറയുന്നിടത്ത് വീണ്ടും തുമ്പ് കൊണ്ടുവരാൻ പാടില്ല വന്ന അതിനർത്ഥം ഈ ത്വം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ലെന്നാണ് അത് വ്യവഹാരം അത് ഒഴിവാക്കാൻ പറ്റില്ല ഏ ആണെങ്കിൽ അതിനർത്ഥം തൊം ഒഴിവാകുന്നില്ലെന്നാണോ എന്നുവെച്ചാൽ ദോഷം നിൽക്കുന്ന തൊമ്മെന്നാ ധർമ്മം വരും ധർമ്മം വന്നാൽ ദോഷം നിൽക്കും അപ്പ ഇതിനെ കുറിച്ച് ചർച്ച ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്താണോ സംഭാഷണം നടത്താൻ പറ്റില്ല പറയുന്നത് ഹത്തോപാസങ്ങളിൽ പഠിച്ചിട്ടുണ്ട് സംസാരിക്കാതിരിക്കുക പരാജയപ്പെട്ടിട്ട് വീട്ടിൽ പോയി മിണ്ടാൻ പറ്റുന്നു അപ്പോ ഇവിടെ തൊമ്മ എന്നാലും ദോഷമില്ല എന്തുകൊണ്ട് തൊമ്മിന്റെ അർത്ഥം എന്ന് പറയുന്നത് നോക്കുക തത് അത്യോഗ്യത്വ അനധികരണത്വം യോഗ്യത്വ അത്യന്താഭാവം യോഗ്യത്വത്തിന്റെ അത്യന്താഭാവം തന്നെ അതിന്റെ അധികരണമല്ല എന്ന് പറഞ്ഞാൽ അനധികരണം എന്ന് പറഞ്ഞാൽ അധികരണാഭാവം അനധികരണത്വം എന്ന് പറഞ്ഞാൽ അധികരണാഭാവമാണ് പത്തൊമ്പെന്നുറങ്ങുന്നൂടെ എന്തായി അഭാവമായി എന്താ അഭാവം അഭാവം എന്ന് അധികരണം തന്നെ ദോഷമുണ്ടോ ഒരു ധർമ്മമായി വന്നാലേ ദോഷമാണ് അത്യന്താഭാവ അനധികരണത്വം എന്ന് പറയുന്ന അഭാവമായതുകൊണ്ട് അഭാവം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താർക്കികം സ്വീകരിക്കുന്നുണ്ട് എന്താണ് ചില സ്ഥലങ്ങളിൽ അഭാവത്തെ അധികരണമായി താർക്കികന്മാരും എല്ലായിടത്തും ഇല്ല ചില സ്ഥലങ്ങളിൽ അത്യന്താഭാവ അനധികരണത്വം എന്ന് പറയുന്നത് അധികരണ അഭാവം ആണ് എന്നുവെച്ചാൽ അധികരണമാണ് സ്വീകരിക്കുന്നത് കൊണ്ട് ഇവിടെ തൊമ്മന്ന് പറയുന്ന അധികരണത്തെയാ പറഞ്ഞത് ദോഷമുണ്ട് മനസ്സിലായേ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് അങ്ങനൊരു ദോഷമില്ല അത്യന്താഭാവ അനധികരണത്വം എന്ന് പറയുന്ന അഭാവമാണ് അഭാവം സ്വരൂപമാണ് ദോഷമില്ല അത് വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് വിദ്യമഭി കശ്ചന ധർമ്മ അനധികണത്തോറ് പറയുന്ന ഒരു ധർമ്മമാണ് എങ്കിലും തഥാപി പരേഹി തത് അഭാവരൂപത്തിന് അംഗീകൃതത്വം താർക്കികന്മാർ അതിനെ അഭാവമായി തന്നെ സ്വീകരിക്കുന്നു അതുകൊണ്ട് അഭാവഭാവയോ രയോ വിധ സ്ഥലേഷു അവിടെ അഭാവം ഭാവം എന്ന് പറയുന്നതിന് അനതിരേകമായി സ്വീകരിക്കുന്നു അഭാവത്തെ ഭാവമായി സ്വീകരിക്കുന്നു ദോഷ പറഞ്ഞിരിക്കുന്നത് ഏവം വിധ സ്ഥലേഷും എല്ലായിടത്തുമല്ല അനധിക സ്വീകാര അധികരണത്തിൽ നിന്നും അനതിരേകമായി ഭിന്നമല്ലാതെ അഭിന്നമായി സ്വീകരിക്കുന്നു അവരുടെ സിദ്ധാന്തം അനുസരിച്ച് തന്നെ സമാനം പറയുന്നു അങ്ങനെ പറയണ്ടദ്വിധത്തിലെ പ്രധാനമായ മുഖ്യമായ സിദ്ധാന്തവിതി തന്നെ അഭാവം എന്ന് പറയുന്നത് അധികരണ രൂപമാണ് പ്രസിഡന്റ് അനുഭവത്തിലും അങ്ങനെയാണ് അഭാവം എന്ന് പറഞ്ഞൊരു പദാർത്ഥം അധികരണത്തിൽ നിന്ന് വേറിട്ടവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ദോഷങ്ങളും പരിഹരിച്ചു ഏതൊക്കെയാണ് പക്ഷേ താർക്കിങ്ങനെ അടങ്ങിയിരിക്കത്തില്ല ഇനി അതിൻ്റെ ദളപ്രയോജനം അല്ലെങ്കിൽ പദക്കൃത്യം പറയുകയാണ് അവേദ്യത്വീസതി അപരോക്ഷ്യോഹാരോഗ്യത്വം ഇത് രണ്ടെണ്ണം എന്തിനു പറഞ്ഞു അവേദ്യത്വം എന്ന് പറഞ്ഞാൽ എന്തിനു പറഞ്ഞു അപരോക്ഷ വ്യവഹാരയോഗ്യത്വം ദളപ്രയോഗം ദളപ്രയോജനം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ദളത്തിന്റെ പ്രയോജനം എങ്ങനെ മനസ്സിലാക്കുമെന്നുള്ള മുമ്പ് പറഞ്ഞിട്ടുണ്ട് തർക്ക എന്താണ് പ്രയോജനം മനസ്സിലാക്കണമെന്ന് ഒന്നിന്റെ പ്രയോജനം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ രണ്ടാണ് അവേദ്യത്വസതി അപ്രോക്ഷോഹാരോഗ്യത്വം അതില് അവേദ്യത്വം എന്ന് എന്തിന് ചേർത്തു അവേദ്യത്വത്തിന്റെ പ്രയോജനം മനസ്സിലാകണമെങ്കിൽ എന്തു ചെയ്യണം അവേദ്യത്വത്തെ മാറ്റിവെച്ചിട്ട് ബാക്കി വരുന്നതിന് ലക്ഷണമായി എടുത്തുകൊണ്ട് അത് ലക്ഷ്യത്തിൽ സമന്വയിപ്പിച്ചിട്ട് എന്ത് ദോഷം വരുന്നു ലക്ഷണത്തിൽ വ്യാപ്തി അതിവ്യാപ്തി അസംഭവ ദോഷം വരുന്നു എന്ന് ചിന്തിക്കണം അപ്പോ ഏതാണോ മാറ്റിവെച്ചത് അതിൻ്റെ പ്രയോജനം കിട്ടും അതിനെ തിരിച്ചു എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യും അതുകൊണ്ടുകൂടെ അവൈദ്യത്വം എന്ന് എന്തിനു പറഞ്ഞു അതറിയണമെങ്കിൽ അവൈദ്യത്വത്തെ മാറ്റണം പിന്നെ ബാക്കി ലക്ഷണം എന്തായിരിക്കും അപരോക്ഷോഹാരോഗ്യത്വവും ഇത്രയും പറഞ്ഞാൽ എന്ത് ദോഷമാണെന്നാണ് അടുത്ത് പറയുന്നത് അപരോക്ഷോഹാരോഗ്യ ഘടാതവും അതിവ്യാപ്തി പരിഹാരാർത്ഥത്വം അവൈദ്യത്വ സതീതി വിശേഷണം ലക്ഷണത്തിലെ വിശേഷം ഏതാണ് അപരോക്ഷോഹാര വിശേഷണം എന്താണ് ഇനി മറ്റൊന്നുകൂടെ ഉണ്ട് ലക്ഷണം എന്ന് പറയുന്നത് ലക്ഷ്യത്തിന്റെ വിശേഷണമായിരിക്കും അപ്പോ അവിടെ വിശേഷം എന്താവും സുപ്രകാശവും അത് മനസ്സിലാകണം ഇത് തിരിഞ്ഞു നേരത്തെ ഒരു സ്ഥലത്ത് ആദ്യം എന്താണ് ഇത് ഇതിലുള്ള ഭ്രമം കൊണ്ട് ദോഷം വന്നിട്ടുണ്ട് ആ ഉപലക്ഷണവും അവിടെ ഏത് ലക്ഷണത്തിലായിരുന്നു പ്രകാശത്വ സ്വാര ഹേതു പ്രകാശത്വം അത് സ്വപ്രകാശത്തിന്റെ ലക്ഷണമാണ് അപ്പോൾ സ്വപ്രകാശത്തെ വിശേഷമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ലക്ഷണം മുഴുവൻ വിശേഷണമാവും എന്നാൽ ലക്ഷണത്തിൽ തന്നെ ഒരു വിശേഷവും വിശേഷവും ഉണ്ട് ലക്ഷണത്തിലും പ്രകാശബ്ദം ഒന്നും ലക്ഷ്യവും പ്രകാശമാണ് അതവിടെ വേറെ തിരിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട് വ്യാഖ്യാനങ്ങളിലെല്ലാം തലവരിഞ്ഞു പോയിട്ടുണ്ട് ഒരു വ്യാഖ്യാനത്തിലല്ല എല്ലാ വ്യാഖ്യാനങ്ങളും സംസ്കൃത വ്യാഖ്യാനം അവിടെ ലക്ഷ്യത്തെ വിശേഷ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ലക്ഷണം മുഴുവനും വിശേഷണവും മറിച്ച് ലക്ഷണത്തിൽ തന്നെ ഒരു വിശേഷവും വിശേഷണമുണ്ട് അപ്പോൾ അവിടെ ചർച്ച ചെയ്യുന്നത് പ്രകാശമെന്ന് പറയുന്ന വിശേഷ്യത്തിൽ എന്ത് ദോഷം വരുന്നു എന്ന് ചിന്തിക്കുന്ന ഭാഗം അതങ്ങനെ തന്നെ മനസ്സിലാക്കുന്നു എങ്ങനെ വ്യവഹാര സ്വ്യൂഹാരസതി പ്രകാശത്വം അപ്പോൾ അവിടെ ചോദിച്ച സ്വവിഹാര ഹിതത്വം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വിശേഷണമാണോ ഉപലക്ഷണമാണോ എന്ന് ചോദിച്ചു അപ്പോ അവിടെ ഏത് പ്രകാശത്തിൻ്റെ എന്ന് ചിന്തിക്കണം ഏത് പ്രകാശത്തിൻ്റെ ലക്ഷണത്തിൻ്റെ പ്രകാശം അവിടെ രണ്ടുമൊന്ന് തന്നെ സ്വയം പ്രകാശം തന്നെ ഇവിടെയും പക്ഷെ ദോഷത്തെ ചിന്തിക്കുമ്പോൾ അതാ ലക്ഷണത്തിൻ്റെ ണമാണോ അതോ ഏക്ഷണത്തിന്റെ ആ അതാണ് ചോദിക്കുന്നത് അപ്പൊ അത് വിശേഷണമായിട്ട് എടുക്കുമ്പോ എന്ത് ദോഷം വരുന്നു ഉപലക്ഷണമായിട്ട് എടുക്കുമ്പോൾ എന്ത് ദോഷം വരുന്നു എന്നിട്ട് അവസാനം പറഞ്ഞു അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്താണ് ജ്ഞാനം പ്രകാശ എന്നു വരും എന്ന് പറഞ്ഞു ദോഷം വരും അങ്ങനെ വരുമ്പോൾ എന്താ ദോഷം വരുന്നത് ലക്ഷ്യവും ലക്ഷണവും തമ്മിൽ അഭേദമാകും എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒന്ന് ലക്ഷ്യവും മറ്റൊന്ന് ലക്ഷണവുമാകണം ുമ്പ് അത് ചർച്ച ചെയ്താണ് അതുപോലെ ഇവിടെ ലക്ഷണത്തിന്റെ ലക്ഷ്യത്തിന്റെ അല്ല ലക്ഷണത്തിന്റെ വിശേഷ്യം ഏത് വിശേഷണമാണ് ഏതെന്ന് ചിന്തിച്ചിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് അവസ്ഥ അപരോക്ഷഹാരോഗ്യത്വം എന്ന് പറയുന്ന ലക്ഷണത്തിന്റെ വിശേഷണത്തിന്റെ പ്രയോജനം എന്തെന്നാണ് അപ്പൊ അത് മാറ്റി വെച്ചു ശേഷിക്കുന്ന വിശേഷം അപരോക്ഷ വ്യവഹാര യോഗ്യത്വം എന്ന് പറഞ്ഞാൽ ഘടാധികളിൽ പോകും കാരണം ഘടാധികളെല്ലാം അപരോക്ഷ ജ്ഞാനത്തിൻ്റെ വിഷയമാണതല്ല അതിനെല്ലാം അപരോക്ഷ വ്യവഹാരം കൊണ്ട് ജ്ഞാനത്തെ എടുക്കാം വാക്കിനെടുക്കാം പ്രവൃത്തിയെടുക്കാം അപ്പോൾ ഇവിടെയെല്ലാം എന്ത് വരുന്നു അപരോക്ഷ വ്യവഹാരം ജ്ഞാനത്തെ എടുക്കുക ഘടം എന്ന് പറയുന്നത് അപരോക്ഷ വ്യവഹാരം അതായത് അപരോക്ഷ ജ്ഞാനത്തിന് വിഷയമാണ് അതിലെന്തോരും വിഷയത്വം പറഞ്ഞാൽ യോഗ്യത്വം കടത്തിപ്പോ നവൈദ്യത്വം മാറ്റിക്കഴിഞ്ഞാൽ ലക്ഷണം കടത്തിപ്പോ ലക്ഷണം കടത്തിനെ സംബന്ധിച്ചാൽ എന്താ ദോഷം അതിവ്യാപ്തി കാരണം സ്വപ്രകാശ ചിതാത്മാവിന് പറഞ്ഞ ലക്ഷണം അലക്ഷ്യത്തിൽ പോയി അതിവ്യാപ്തി വന്നു അപരോക്ഷ ഉഹാര യോഗ്യത്വം എന്തായാലും ലക്ഷ്യത്തിൽ വരണമല്ലോ അത് വന്നല്ലേ തീരു പക്ഷെ അലക്ഷ്യത്തിനും പോയി അതിവ്യാപ്തി വന്നു തിരിച്ചവേദ്യത്തെ വയ്ക്കുക വെച്ചു കഴിഞ്ഞാലോ പടത്തിപ്പോകത്തില്ല എന്നുകൊണ്ട് കടം വേദ്യമാണ് അപ്പോ അധിക പരിഹരിച്ചു അപ്പോ അവേദ്യപദം കൂടാതെ രക്ഷണം ശരിയാകത്തില്ല അവേദ്യപദം മാറ്റിക്കഴിഞ്ഞാൽ വിശേഷ്യമായ അപരോക്ഷകാര യോഗ്യത്വം ഇരിക്കും അപരോക്ഷോകാര യോഗ്യത്വം എങ്ങനെയാണോ ബ്രഹ്മത്തിലിരിക്കുന്ന അതുപോലെ തന്നെ ഘടത്തിലുമുണ്ട് ഘടാദികളെല്ലാം ഉണ്ട് അപ്പം ലക്ഷണം ലക്ഷ്യത്തിൽ സമന്വയിക്കുന്നു അലക്ഷ്യത്തിൽ സമന്വയിക്കുന്നു അതിവ്യാപ്തി അത് പരിഹരിക്കണത് അവേദ്യത്വം വയ്ക്കണം അവേദ്യത്വ സതി അപരോക്ഷോകാര യോഗ്യത്വം എന്ന് പറയുന്നത് ഘടാദികളിൽ പോകത്തില്ല എന്നുള്ളതെല്ലാം അവേദ്യമാണ് ആണോ വേദ്യമാണ് പറയുന്നു അപരോക്ഷ ഊഹാരോഗ്യ ഘടാ അതിവ്യാപ്തി പരിഹാരാർത്ഥം അവക്ഷണം ഇത് പറഞ്ഞപ്പോ പൂരോക്ഷി പറയുന്നസ്തുലക്ഷണം വച്ച് ഏതാത് വസ്തുലക്ഷണം പൂരോക്ഷി പറയണം അത്രയാണ് പൂരോക്ഷിയുടെ ബാബ അങ്ങനെയാണെങ്കിൽ ലക്ഷണം ഇത് മതി ഏത് അവേദ്യത്വം യഥാത് വസ്തുലക്ഷണം എന്തിനാ അപരോക്ഷഊഹാരോഗ്യത്തിന് നോക്കുക അവേദ്യം എന്ന് പറഞ്ഞത് ഘടത്തിലുള്ള അതിവ്യാധി വരിയിരിക്കാൻ അപ്പൊ അവേദ്യം എന്ന് പറഞ്ഞാൽ ഘടത്തിൽ പോകുമോ ലക്ഷണം ഇല്ല ഇനി ബ്രഹ്മം എന്ന് പറയുന്നത് വേദ്യമാണോ അപ്രമേയമായ ബ്രഹ്മം വേദ്യമാണോ അല്ല ബ്രഹ്മത്തിലും ലക്ഷണ സമഞ്ചയിക്കുന്ന അവേദ്യം എന്നുള്ളത് ജ്ഞാന വിഷയമല്ല ശബ്ദശക്തിക്ക് വിഷയമില്ല ജ്ഞാനത്തിന് വിഷയമില്ല ഒന്നിനും വിഷയമില്ല അതുകൊണ്ട് ബ്രഹ്മവേദ്യമാണ് സ്വയംപ്രകാശം എന്ന് പറഞ്ഞാൽ അവേദ്യമാണല്ലോ അവേദ്യത്തൊന്നും മാത്രം ലക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിലും പോകും പെടത്തി പോകത്തുമില്ല വേറെന്നിനും പോകത്തുമില്ല അത് പോകുന്നു നോക്കാം അവേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഏതെങ്കിലും പൂർവക്ഷറി പറയും അവ അദൃശ്യത്തിൽ അത് പോകില്ല എന്ന് പറയും അവിടെയും പോവട്ടെ അവേദ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഘടാതികളിലാണല്ലോ പ്രശ്നം അവിടെ പോകുന്നില്ലല്ലോ അത് പരിഹരിക്കാനല്ലേ അവേദ്യം പറഞ്ഞത് നമുക്കിപ്പോൾ ഘടാതികളിലുള്ള അതിവ്യാപ്തി ഒഴിവാക്കിയ പോരേ അഷ്ടത്തെ കുറിച്ച് പറഞ്ഞോ ഇല്ലല്ലോ അപ്പത് പരിഹരിച്ചു അവേദ്യം ബ്രഹ്മത്തിലും യോജിക്കുന്നു അപ്പൊ അവേദ്യത്വം പറയുന്നത് എന്താണ് ഘടത്തിൽ പോകുന്നില്ല ബ്രഹ്മത്തിൽ പോകുന്നു അവിടെ ഒഴിവായി അപ്പൊ അവൈദ്യത്വം മതി ലക്ഷണം എന്തിനാ അപരോക്ഷം വേറെ യോഗ്യത്വം എന്നാര പറയുന്നു പൂർവപക്ഷി അവരോക്ഷ്യത്വം വേണ്ട സിദ്ധാന്തി തന്റെ ലക്ഷണം പൂർവമായും പറഞ്ഞു കഴിഞ്ഞു അവൈദ്യത്തെ സ്ഥിതി അപരോക്ഷ വേറെ യോഗ്യത്വം അതിൽ നിന്ന് മാത്രം എടുത്ത് ലക്ഷണം പറയണന്ന് പറയുന്നാര് പൂർവക്ഷിയാണ് അതാണ് ഏതാവി അസ്തുലക്ഷണം അവേദ്യത്വം ഇത്രയായിക്കോട്ടെ ലക്ഷണം കൂടുതൽ വേണ്ട അവേദ്യത്വം ഘടത്തിൽ ഉണ്ടോ പോകുന്നില്ല വേദ്യമായതുകൊണ്ട് ബ്രഹ്മത്തിൽ പോകുന്നു ലക്ഷണം സമന്വയിച്ചു ദോഷം പരിഹരിച്ചു അതിന് സിദ്ധാന്തിയാണ് പറയുന്നത് ഇതിനച്ചവശ്യം എന്താ ദോഷം അതാണ് അടുത്ത് പറയുന്നത് തഥാസതി അതീത അനാഗതയോർ നിത്യ അനുമേഷിച്ച ധർമാതിഷോ അതിവ്യാപ്തേ തഥാസതി എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ അവേദ്യത്വ മാത്രീ ലക്ഷണ അവേദ്യത്വ മാത്രീ അതീത അനാഗതയോ നിത്യ അനുമയേഷു ധർമാദിഷു അതീത അനേ അനാഗതങ്ങളെല്ലാം ലക്ഷണം പോകും കാരണം അവേദ്യമാണ് അതീതം കടന്നുപോയതെല്ലാം ഒന്നും ഇപ്പൊ തനിക്കറിയത്തില്ലോ അപ്പൊ അത് അവ അതീതമായതുകൊണ്ട് അതെന്തായി ഇനി വരാൻ പോകുന്നു ഭാവിയിൽ തനിക്കറിയാമോ ഇല്ല അനാഗതം ഇതുവരെ വന്നിട്ടില്ല അപ്പൊ തനിക്ക് വർത്തമാനത്തിലുള്ളതിലെ ഗ്രഹിക്കാൻ പറ്റൂ അതീതത്തെ ഗ്രഹിക്കാൻ പറ്റും അത് അത് അവേദ്യമായി അവേദ്യമെന്ന് ലക്ഷ്യം പറഞ്ഞാൽ അതീതത്തിൽ പോകും അതീതമായ സർവത്തിലും പ്രപഞ്ചത്തിലെല്ലാം പോയി അനാഗതമായ പ്രപഞ്ചത്തിൽ പിന്നെ ധർമാധർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്താണ് അവേദ്യമാണ് എന്തുകൊണ്ടത് നിത്യ അനുമേയമാണ് ധർമാധർമ്മങ്ങൾ നിത്യ അനുമേയമാണ് അനുമാനത്തിലൂടെ മാത്രമേ അറിയാൻ പറ്റുന്നുള്ളു നിത്യ അനുമേയമാണ് എന്നുവെച്ചാൽ അത് അപ്പോൾ അതിനും പോകും അവൈദ്യത്വം അതീത വസ്തുക്കളിൽ അനാഗത വസ്തുക്കളിൽ കൂടാതെ ധർമ്മം പാ പുണ്യപാപങ്ങൾ അനുമതിയിലൂടെ പോരാ അനുമിതിയിലൂടെ അറിഞ്ഞിട്ട് കാര്യ പറയുന്നത് എന്താ അപരോക്ഷ വ്യവഹാര യോഗ്യമാണ് അപരോക്ഷമായ ജ്ഞാനം വേണം അതാണ് ബ്രഹ്മം നിങ്ങള് പറയുന്ന എന്താണ് ധർമാദികൾ അനുമേയം ഒന്നാണ് ദോഷം അതങ്ങനെ ദോഷത്തെ ചിന്തിക്കാൻ അവേദ്യം എന്ന് പറയുമ്പോ എന്താ എന്റെ അർത്ഥം വേദ്യമല്ലാത്തത് എന്നർത്ഥം അപ്പൊ വേദ്യം എന്താണോ അത് ചിന്തിക്കാൻ വേണ്ടിട്ടാണ് ഈ ദോഷത്തിലേക്ക് വരുന്നത് വേദ്യം എന്താണെന്ന് പറഞ്ഞാൽ അവേദ്യം അറിയാൻ പറ്റും അപ്പൊ ക്ഷി എന്താണ് മന്മാനി അങ്ങ് പറയണം അവേദ്യമെന്ന് അങ്ങനെ പറയാൻ പറ്റുമോ വിവരം അറിയാതെ വേദ്യം എന്താണ് അവേദ്യം എന്താണെന്ന് അറിയാതെ മനസ്സിൽ തോന്നി പറയാൻ പറ്റൂ പണ്ട് പൂർവക്ഷിയെ വേദ്യത്വം എന്താണ് അവേദ്യത്വം എന്താണ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഉറവക്ഷി ചാടിക്കേർക്കു പറഞ്ഞു എന്താണ് അവേദ്യമാണ് അതീത അനാഗതം അവേദ്യമാണ് ധർമാദികൾ അതുകൊണ്ട് അതി ആദ്യം പറയുന്നുള്ളൂ എന്താണ് വേദ്യം അതാദ്യം മനസ്സിലാകും പിന്നിലെ അവേദ്യം പറയുന്നു അത് അവിടേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് ചർച്ച കൊണ്ടുപോകുന്നത് ഇപ്പോ പുറൂഷറി അതൊക്കെ വേദ്യമാണ് ഏത് എവിടെയാണോ നിങ്ങൾ ലക്ഷണം പോവുമെന്ന് പറഞ്ഞത് അതെല്ലാം വേദ്യമാണ് അവിടെ പോകത്തില്ല ഏദ്യത്വം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയുന്നു ലക്ഷണം അതീത അനാഥങ്ങളിലൊക്കെ പോകുമെന്ന് പറഞ്ഞു അപ്പോ പൂർവക്ഷി പറയുന്നത് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവിടെയെങ്കിലും പോകത്തില്ല അതൊക്കെ വേദ്യമാണ് ഈ പറഞ്ഞ അല്ലെ പറയുന്നു അല്ല സിദ്ധാന്തിക്ക് എന്ത് വേണം ധർമാധർമ്മങ്ങളും അതീത അനാഗതങ്ങളെല്ലാം വേദ്യമാകും പൂറോഷിക്ക് അതൊക്കെ എന്തുവേണം അവേദ്യമാണ് നമ്മളുടെ വ്യത്യാസം അത്യാസം അവേദ്യം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പറയാത്ത അതുകൊണ്ടാണ് അവേദ്യം എന്ന് പറഞ്ഞാൽ ധർമാദികളിൽ പോകും പൂർവക്ഷം പറയുന്ന അതൊക്കെ വേദ്യമാണ് ബാക്കിയെല്ലാം പൊട്ടാഗമവേദ്യമല്ലേ ധർമാധർമാദികളെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു വേദത്തിൽ നിന്ന് അവേദ്യം എന്ന് പറഞ്ഞാൽ അവിടെ പോകത്തില്ല അതെല്ലാം വേദ്യമാണ് അപ്പം സിദ്ധാന്തം പറയുന്നത് അങ്ങനെ എല്ലാ അവേദ്യമെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം പോകും അപ്പം എന്താ ഈ വ്യത്യാസം വരുന്നത് എന്താണ് വേദ്യം എന്താണ് അവേദ്യമെന്നുള്ളത് ഇനി തീരുമാനിക്കുന്നത് അത് തീരുമാനിച്ചു ആദ്യം വേദ്യം എന്തെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൈദ്യമൊന്നും തീരുമാനിക്കാൻ പറ്റും അങ്ങനെ അവേദ്യത്തെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൈദ്യമെന്ന് പറഞ്ഞാൽ അതിവ്യാപ്തി ഉണ്ടോ ഇല്ലേന്ന് നോക്കുന്നു അപ്പോൾ സിദ്ധാന്തം പറയും വേദ്യം തീരുമാനിച്ചല്ലോ ഇനി അവേദ്യമെന്ന് പറഞ്ഞാൽ അതിവ്യാപ്തി ഉണ്ട് അത് മാത്രം അതുകൊണ്ട് അവരോക്ഷ ഓഹാര യോഗ്യത്വം എന്ന് പറയണം ഞാനതിലേക്ക് ചർച്ച കിടക്കുകയാണ് അവേദ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ദോഷം അവേദ്യത്വം എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് വേദ്യം എന്ന് മനസ്സിലാക്കണം എന്താണ് വേദ്യം അപ്പോൾ വേദ്യത്വം മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞാൽ എങ്ങനെ മാത്രം പറഞ്ഞ എങ്ങനെ അതിവ്യാപ്ത വരുന്നു അത് സിദ്ധാന്തി പറയും അതുകൊണ്ട് അവേദ്യത്വം എന്ന് മാത്രം പറഞ്ഞ പോരാ അരോക്ഷ യോഗ്യത്വം അപ്പം സിദ്ധാന്തമനുസരിച്ച് അവേദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവ്യാപ്തി ഉണ്ട് അവേദ്യം എന്ന് പറഞ്ഞാൽ ധർമാദികളെല്ലാം ലക്ഷണം ഉറോക്ഷി പറയുന്നതിനനുസരിച്ച് അവേദ്യം എന്ന് പറഞ്ഞാൽ അതിവ്യാപ്തി ഇല്ല അതെന്തുകൊണ്ട് രണ്ടുപേരും വേദ്യത്തെ വ്യാഖ്യാനം അനുസരിച്ചിട്ടാണ് അവിടെയാണ് ഫലവ്യാപ്തിയും വൃത്തിവ്യാപ്തിയും വരുന്നത് പഞ്ചദശീത് തൃപ്തി ദീപ്തി പ്രകടനത്തിൽ വരും വൃത്തി വളരെ പ്രസിദ്ധമായൊരു ഉദാഹരണമാണ് അദ്വിതയുടെ പ്രക്രിയ അതനുസരിച്ചിട്ട് എന്താണ് വേദ്യം എന്താണ് അവൈദ്യം എന്നുള്ളത് തീരുമാനിക്കും ശാസ്ത്ര നിവാരതം ബ്രഹ്മത്തിൽ ത്വം ഫലവിഷയത്വത്തെയാണ് നിഷേധത്വം ബ്രഹ്മണ്യജ്ഞാനാശായ വൃത്തിരപേക്ഷിത ബ്രഹ്മത്തിൽ അജ്ഞാനത്വം നശിപ്പിക്കുന്നതിന് എന്ത് വേണം വൃത്തിവ്യാപ്തി വേണം അപ്പൊ അവിടെ എന്താണ് വിഷയത്വം അവിഷയത്വം എന്ന് പറയുന്നത് തീരുമാനിക്കും തീരുമാനിച്ച സിദ്ധാന്തി പറയും അവേദ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവേദ്യമായ ധർമാദികളിൽ അതിവ്യാപ്തി ഉണ്ടാകും അത് പരിഹരിക്കുന്നതിന് അപരോക്ഷോഹാരം യോഗ്യത്വം എന്ന് പറയുന്നത് അപ്പോൾ സിദ്ധാന്തം അനുസരിച്ച് അവേദ്യത്വം സാർത്ഥകമാണ് പൂരോഷമനുസരിച്ച് അവേദ്യത്വം എന്ന് പറഞ്ഞാൽ ധർമാദികൾ അതിവ്യാപ്തിയില്ല കാരണം ധർമാദികളൊന്നും അവേദ്യമില്ലാതെല്ലാം വേദ്യമാണ് ആകവും വേദ്യമാണ് അതാണ് ഇനി വിശദീകരിക്കാൻ പോകുന്ന കാര്യം ഇനി വിശദീകരിക്കും